അധ്യായം രണ്ട് അതിന്റെ ശേഷം അഹസുരേഷ് രാജാവിന്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയേയും ഓർത്തു അപ്പോൾ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത് രാജാവിനു വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശുശൻ രാജധാനിയിലെ അന്തപ്പുരത്തിൽ രാജാവിന്റെ ഷണ്ണനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവിനു ബോധിച്ച യുവതി ു പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിന് ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ശൂശൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ഷിമയുടെ മകനായ യായിരന്റെ മകൻ മൊർദേഖായ് എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു ബാബേൽ രാജാവായ നെബൂഗതനേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യഖോന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ യസ്തർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായികൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുഖിയും അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊറദേക്കായി അവളെ തനിക്ക് മകളായി എടുത്തു രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപ്പുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു ആ യുവതിയെ അവനെ ബോധിച്ചു അവളോട് പക്ഷം തോന്നി അവൻ അവളുടെ ശുദ്ധീകരണത്തിനു വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ഏഴു ബാല്യകാര്യത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളെയും അവളുടെ ബാല്യകാര്യത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി യസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല അതറിയിക്കരുതെന്ന് മൊറദേഖായി അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ യസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊറദേഖായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം ആറുമാസം മൂർത്തൈലവും ആറുമാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും ഓരോരുത്തയ്ക്ക് അഹസ്വരേഷ് രാജാവിന്റെ സന്നദ്ധിയിൽ ചെല്ലുവാൻ മുറവരുമ്പോൾ ഓരോ യുവതി രാജസന്നും അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ഷൈസ്ഗസിന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞു വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാം എന്നാൽ മുറുതേഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയലിന്റെ മകളായ എസ്തേരിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞതുമാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ എസ്തേറിനെ അഹസുരേഷ് രാജാവിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് മാസമായ പത്താം മാസം രാജധാനിയിൽ അവന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുചെന്നു രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു അവളെ വസ്തിക്കു പകരം രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മുറുദേഖായി രാജാവിന്റെ വാതുക്കൽ ഇരുന്നിരുന്നു മുറുദേഖായി കൽപ്പിച്ചതുപോലെ യസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ യസ്തേർ മുറുദേഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു ആ കാലത്ത് മുറുദേഖായി രാജാവിന്റെ വാതുക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ണന്മാരായ ബിഗ്ദാനും പേരശും ക്രൂധിച്ച് അഹശുരശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു മൊറദേഖായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു എസ്തേർ അത് നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിൻമേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവർത്താന്ത പുസ്തകത്തിൽ എഴുതിവച്ചു